الحمد لله نحمده ونستعينه ونعينه ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ി മുഹമ്മദ് كَمَا بَارِكْتَ عَلَى إِبْرَاهِيمُ عَلَى آلِ إِبْرَاهِيمُ إِنَّكَ حَمِيدٌ مَّجِيدٌ أَمَّا بَعْدُ فَإِنَّ خَيْرَ الْكَلَامِ كَلَامُ اللَّهِ وَخَيْرَ الْحَدِيثِ كِتَابُ اللَّهِ وَخَيْرَ الْحَدِيِّ هَدِيُّ مُحَمَّدٍ صلى الله عليه وسلم وَشَرَّ الْأُمُورِ مُحْدَثَاتُهَا وَكُلَّ مُحْدَثَة بدع وكل ഔതു വിഖി മീനശ്യേ റജീ വിസ് റോഹമാനിഹയുഹദീന ആമനുത്തകുല്ലാഹക്കതു കാത്തി വലതുമൂത്ത ഇവ അതു മുസ്ലിമൂൻ വമാക്കാനലി നഫ്സിൻ അന്തൂതാഭിദ്ബം മു അജ്ജല സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ നമ്മ എല്ലാവരെയും സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും നമ്മെ തിരിച്ചു വിളിക്കുവാൻ അധികാരമുള്ളവനായ സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ നമ്മുടെ പലരുടെയും ബന്ധുക്കൾ രോഗികളായി ആശുപത്രികളിലാണ് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് അവർക്കെല്ലാവർക്കും അല്ലാഹു രോഗശമനം പ്രദാനം ചെയ്യുമാറാവട്ടെ സഹോദരങ്ങളെ നമ്മെ സംബന്ധിച്ചിടത്തോളം മാനസികമായ പ്രശ്നങ്ങളും രോഗങ്ങളും ആളുകളിൽ കൂടുതലായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ജീവിത സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് വ്യത്യസ്തമായ കാരണങ്ങൾ അതിനുണ്ടാവാം എന്നാൽ പോലും മരിക്കുമെന്നൊരു പേടി എല്ലാവരുടെയും മനസ്സിലുള്ളതാണ് കാരണം മരണമെന്നതൊരു യാഥാർത്ഥ്യമായത് കൊണ്ടുതന്നെ മരിക്കും എന്നെങ്കിലും ഒരിക്കൽ ഞാൻ മരിക്കും എന്റെ മരണത്തിന്റെ പ്രായം ഇതാണോ എന്റെ മരണത്തിന്റെ സമയമിതാണോ എന്റെ മരണത്തിന്റെ രോഗം ഇതാണോ എന്ന് ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും നമ്മൾ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ കുറച്ചു മുന്നോട്ട് പോയപ്പോൾ നാം മനസ്സിലാക്കി അത് എന്റെ മരണത്തിന്റെ സമയമായിരുന്നില്ല എന്ന് അതുകൊണ്ടുതന്നെ ജീവിതത്തിൽ എപ്പോഴും ഓരോ സന്ദർഭത്തിലും ഞാൻ മരിക്കും ഞാൻ മരിക്കും ഞാൻ മരിക്കാനായി എന്ന പേടി പല ആളുകളെയും മനോരോഗികളാക്കിയിട്ടുണ്ട് മാനസിക നില തെറ്റുന്നതിലേക്ക് അത്തരം വിചാരങ്ങൾ കാരണമായിട്ടുണ്ട് നാം തിരിച്ചറിയേണ്ട വലിയൊരു യാഥാർത്ഥ്യമുണ്ട് ഇത് ഒരു പ്രായമായവരെ സംബന്ധിച്ചോ അല്ലെങ്കിൽ പ്രതീക്ഷയറ്റ ഒരു രോഗത്തിന്റെ മുന്നിൽ നിൽക്കുന്നവർക്കോ മാത്രമല്ല ഇത് നമ്മുടെ വീട്ടിലെ കൌമാരപ്രായത്തിലുള്ള കുട്ടികൾ പോലും അവർ വിഷമിച്ചു നിൽക്കുമ്പോൾ നാം ചോദിച്ചാൽ അവർ പറയും മരിക്കുമോ എന്നൊരു തോന്നൽ ഞാൻ മരിക്കാനായോ എന്നൊരു പേടി ഇത് ഇന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാവരും പരാതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭയങ്ങളിൽ നിന്നും എല്ലാ ആശങ്കകളിൽ നിന്നുമുള്ള സുരക്ഷ നമ്മുടെ മതം തന്നെയാണ് ഈ ഇസ്ലാം ഇതിന്റെ വിശ്വാസങ്ങളും കർമ്മങ്ങളും ആചാരങ്ങളും നമുക്ക് സുരക്ഷിതത്വം നൽകുന്നു ഈ മതത്തെ ഉൾക്കൊള്ളുകയും അതിന്റെ നിയമങ്ങളെയും വിശ്വാസങ്ങളെയും ഹൃദയത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുന്ന ഒരാൾക്കേ രാത്രി കിടന്നുറങ്ങാൻ പറ്റുള്ളൂ ശരിക്കും വേറെ യാതൊരു കാര്യത്തിനും ഒരു സുരക്ഷിതവും സമാധാനവുമാരമായ ഒരു രാത്രി ഒരു ഉറക്ക് നമുക്ക് തരാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസ കാര്യങ്ങളെക്കുറിച്ചുള്ള നിരന്തരമായ അവബോധം നമ്മളെ കൂടുതൽ സുരക്ഷിതരാക്കും പലപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ മുക്മിൻ എന്ന വാക്കിന് വിശ്വാസി എന്നാണ് നമ്മൾ പരിഭാഷ പറയാറുള്ളത് പക്ഷെ അതിന്റെ ഭാഷാപരമായ അർത്ഥം നിർഭയൻ എന്നാണ് ഒരു മുഖ്മിൻ നിർഭയനാണ് അവന് പേടിയില്ല ഒന്നിനെ കുറിച്ചും എന്തുകൊണ്ട് പേടിയില്ല സഹോദരങ്ങളെ അഭയം നൽകാൻ ഏറ്റവും കരുത്തുറ്റവൻ ഏറ്റവും ശക്തിയുള്ളവൻ ഏറ്റവും കുതിരത്തുള്ളവൻ ആരാണ് അള്ളാഹുവാണ് അള്ളാഹുവാണ് ഭയം അകറ്റുവാൻ നിർഭയത്വം നൽകുവാൻ സുരക്ഷിത്വം നൽകുവാൻ ഏറ്റവും സാധിക്കുന്നവൻ അള്ളാഹുവാണ് അവനെക്കുറിച്ച് പറഞ്ഞ പേര് അൽ മു്മിന്നാണ് അള്ളാഹുവിന്റെ നാമഗുണ വിശേഷങ്ങളൊരു പേരാണ് അൽ മുിൻ ഭയമില്ലാതാക്കുന്നവൻ പടച്ചവൻ എല്ലാ പേടികളെയും ഹൃദയത്തിന് അകറ്റും എന്നിട്ട് സമാധാന സന്തോഷ നിർഭയത്വത്തെ നമുക്ക് നൽകും അങ്ങനെ ജീവിതം സമാധാനപൂർണമാക്കും അൽമുഹൈമിൻ എല്ലാം നോക്കി നടത്തുന്നവനാണ് അവൻ എല്ലാ കാര്യങ്ങളും അവന്റെ നിയന്ത്രണത്തിലാണ് എല്ലാ രോഗങ്ങളും എല്ലാ ഉറക്കങ്ങളും എല്ലാ അനക്കങ്ങളുടെയും നിയന്ത്രണം അവന്റെ കയ്യിലാണ് അവൻ എല്ലാവർക്കും അഭയം നൽകും അവന് അവൻ അഭയം നൽകിയ ഒരുത്തനിൽ ഭയം വരുത്തുവാൻ മറ്റൊരാൾക്കും സാധ്യമല്ല സഹോദരങ്ങളെ അതുകൊണ്ട് അള്ളാഹുവിലുള്ള വിശ്വാസം ഭയമകറ്റും ഞാൻ ചോദിച്ചാൽ അവൻ എനിക്കു തരും അവന്റെ സമ്മതമില്ലാതെ ഒരു വിപത്തും എന്റെ ശരീരത്തിൽ വന്നിറങ്ങയില്ല അവന്റെ സമ്മതമില്ലാതെ എനിക്കൊന്നും ബാധിക്കയില്ല സഹോദരങ്ങളെ അവനോട് മാത്രമേ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൂ അവന് മാത്രമേ ഞാൻ നേർച്ചു നേരുന്നുള്ളൂ അവനിൽ മാത്രമേ ഞാൻ നിർഭയത്വം കാണുന്നുള്ളൂ അവൻ മാത്രമാണ് എന്റെ ആരാധ്യൻ അവൻ മാത്രമാണ് എന്റെ രക്ഷകൻ അവൻ മാത്രമാണ് പ്രാർത്ഥന കേൾക്കുന്നവൻ അവൻ മാത്രമാണ് പ്രാർത്ഥനക്കുത്തരം നൽകുന്നവൻ അള്ളാഹുവിനെ കുറിച്ചുള്ള നാമഗുണ വിശേഷങ്ങളുടെ അർത്ഥം വായിച്ചാലും അറിഞ്ഞാലും അതൊക്കെ നമുക്ക് കൂടുതൽ സമാധാനമരുള്ളൂ അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ അത്തരമൊരു വിശ്വാസത്തിൽപ്പെട്ടതു തന്നെയാണ് നമുക്ക് വിധിയെക്കുറിച്ചുള്ള വിശ്വാസം അതിന്റെ ഭാഗമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മരിക്കുന്നു പേടിക്കരുത് ഞാൻ മരിക്കാനായോ ഞാൻ മരിക്കുവാണോ പേടിക്കരുത് സഹോദരങ്ങളെ ഒരസുഖം വന്നാൽ ചികിത്സിക്കേണ്ടെന്ന് ഈ പറഞ്ഞതിന് അർത്ഥമില്ല സഹോദരങ്ങളെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടെന്ന് ഈ പറയുന്ന വിശദീകരണങ്ങൾക്ക് അർത്ഥമില്ല മറിച്ച് മരിക്കും എന്നത് ജീവൻ എന്ന് നമ്മുടെ ശരീരത്തിൽ വന്നോ അന്നു എഴുതി വെച്ചിരിക്കുന്നു മരണത്തിന്റെ തീയതി അത് നമ്മുടെ വിശ്വാസമാണ് അലംഘനീയമായ വിശ്വാസം ഉഹദ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്ന മുനാഫിക്കുകൾ പറഞ്ഞു കാര്യത്തിൽ നിന്ന് വല്ല സ്വാധീനവും നമുക്കുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു മരണം ഇവിടെ ധാരാളം ആളുകൾ കൊല്ലപ്പെട്ടു ധാരാളം ആളുകൾ ഉഹദി യുദ്ധത്തിൽ മരണപ്പെട്ടു അപ്പോൾ അള്ളാഹു അവർക്കൊരു മറുപടി കൊടുത്തു എന്താ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഈ യുദ്ധത്തിനൊന്നും വരാതെ നിങ്ങൾ വീട്ടിലിരിക്കുകയാണെന്നിരിക്കട്ടെ ലബറസീന കുത്തിബാലും ഇല മലാജിം നിങ്ങളെ മരിക്കാൻ നിങ്ങൾ കിടക്കുന്ന സ്ഥലം ഈ ഭൂമിയിൽ എവിടെയാണോ നിങ്ങൾക്ക് മരിക്കാൻ നിശ്ചയിച്ച സ്ഥലം അവിടെ നിങ്ങൾ പുറത്തിറങ്ങി വരും എന്നിട്ട് അവിടെ കിടന്നു നിങ്ങൾ മരിക്കും അതിന് നിങ്ങൾ യുദ്ധത്തിന് വരേണ്ടതില്ല നിങ്ങൾക്ക് മരിക്കാൻ വിധിക്കപ്പെട്ട ഭൂമിയിലെത്താൻ നിങ്ങൾ യുദ്ധത്തിന് വരാതെ വീട്ടിലിരുന്നാലും നിങ്ങളെ മരണഭൂമിയിലെത്തിക്കും അതീ ഉഹുതിന്റെ മലയുടെ താഴ്വരയിലാണ് നിങ്ങൾ നീണ്ടു നിവർന്ന് കാലു മരിക്കാനുള്ള സ്ഥലമെങ്കിൽ യുദ്ധത്തിന് വന്നില്ലെങ്കിലും ഇവിടെ എത്താൻ ഒരു കാരണമുണ്ടാക്കും എന്നിട്ട് നിങ്ങളെ ഇവിടെ എത്തിക്കും എന്നിട്ട് ഇവിടെ തന്നെ കടന്നു മരിക്കും നിങ്ങളെ ആ സ്ഥലത്തെത്തിക്കുവാൻ അള്ളാഹുവിന് പറ്റും അല്ലാഹുരിക്കും നിങ്ങളുടെ മനസ്സിലുള്ളതിനെ അള്ളാഹു പരീക്ഷിക്കുന്നതിനു വേണ്ടി വലിയ നിങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി വല്ലാഹു അലീമും ഹൃദയത്തിലുള്ളതെല്ലാം അള്ളാഹു അറിയുമെന്നാണ് സഹോദരങ്ങളെ എന്തേ പറഞ്ഞു നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞു വാപ്പാനെ ആ ആശുപത്രിയിൽ കാണിച്ചിരിക്കണമെങ്കിൽ നമുക്ക് തൽക്കാലം ഈ പെട്ടെന്നുള്ളൊരു അപകടം ഉണ്ടാകുമായിരുന്നില്ല അന്ന് ഓപ്പറേഷൻ വേണ്ടെന്നു തീരുമാനിച്ചിരുന്നെങ്കിൽ പാപ്പ മരിക്കുമായിരുന്നില്ല അന്ന് അങ്ങനെ ഒരു പോക്ക് വേണ്ടിയിരുന്നില്ല അതുകൊണ്ടാണ് അന്ന് സംഭവിച്ചു സുഹൃത്തുക്കളെ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ആളുകളെ മനസ്സിൽ ഇപ്പോഴും സംശയം അന്ന് മരിക്കാതിരിക്കുമായിരുന്നു ഒരു ശ്രദ്ധക്കുറവ് പറ്റിപ്പോയി ഞാൻ അത്ര അന്വേഷിച്ചില്ല ഒരു രണ്ടാമത്തെ അഭിപ്രായം ചോദിച്ചില്ല സഹോദരങ്ങൾ എങ്ങനെയൊക്കെ പറയാൻ പറ്റൂ ഈ തീരുമാനപ്രകാരം ഈ കൽപ്പന പ്രകാരം നമ്മൾ പറഞ്ഞു പോകുന്നു പക്ഷേ വസു അതാണോ വാപ്പ് ജനിച്ച അന്ന് പിന്നെ ഉമ്മന്റെ വായറ്റിൽ വെച്ച് തീരുമാനിച്ചാണ് വയറ്റിലേ ആ ബീജാണു വെത്തി നാൽപ്പത് ദിവസം കിടന്നു തുമ്മൂന് ആലക്കെ തമ്മിത്തിൽ പിന്നെ കുറച്ചു കാലം എന്തായി കിടന്നു അലക്കത്തായിട്ടാ ഗർഭപാത്രത്തിന്റെ ഭിത്തിയിൽ ഇങ്ങനെ തൂങ്ങി പിടിച്ച് കിടന്നു മൂന്നുകാത്തൻ പിന്നെ ഒരു മാംസപിണ്ടായി കിടന്നു മിഥിലാലിക് അതേപോലെ കുറച്ചു കാലം എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ പിന്നീട് ആ ഗർഭപാത്രത്തിലേക്ക് അള്ളാഹു മലക്കിനെ നിയോഗിച്ചു എന്നിട്ട് ആ മരക്കെന്ത് ചെയ്തു ആ ശരീരത്തിൽ ആത്മാവിനെ ഊതി ൊണ്ട് കൽപ്പിക്കപ്പെട്ടു ഏതാണ് സഹോദരങ്ങള് അതിലൊന്നാണ് ഗർഭപാത്രത്തിൽ ആത്മാവിനെ ഊതിയ മലക്കിനോട് പടച്ചവൻ പറഞ്ഞു അയാൾ മരിക്കുന്ന ഡേറ്റ് കുറിക്കൂ എന്ന് അന്ന് എഴുതി സഹോദരങ്ങളെ ഈ സംസാരിക്കുന്ന എന്റെയും കേൾക്കുന്ന നിങ്ങളുടെയും മരണ തീയതി ഇനി നമുക്ക് സംശയം ഇമാം ബുഖാരിന്റെ ഹദീഫ് അള്ളാഹുന്റെ റസൂൽ വകീലൂടെ പറഞ്ഞു ഗർഭപാത്രത്തിൽ ആത്മാവ് തന്ന ദിനം മരണത്തിന്റെ ദിനം കുറിച്ചു കഴിഞ്ഞു എന്നാണ് അതിന് യാതൊരു സംശയവും വേണ്ട സഹോദരങ്ങളെ ഞാൻ ഓതി ആയത് ആരും നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ ആയതാണ് ഒന്ന് വായിച്ചു കിങ്ങൾ ആയത് എത്ര ക്ലിയറ സഹോദരങ്ങളെ നമ്മളെ മനസ്സിൽ ഇങ്ങനെ സംശയം തന്നെ വരാൻ പറ്റൂല മരണത്തിന്റെ സമയമാകുമ്പോഴും മരിക്കും മരിക്കാണോ എന്ന് വിചാരിച്ച് ബേജാറാകണ്ടേ മരിക്കും എന്ന് വിചാരിച്ച് പേടിക്കണ്ടേ ഒരു കാര്യമല്ല അള്ളാഹുവിന്റെ ഉത്തരവ് അനുസരിച്ച് കൊണ്ടല്ലാതെ ഒരാൾക്കും മരിക്കാൻ പറ്റില്ല ആ പ്രയോഗം നമ്മൾ നോക്കണം ഒരാൾക്ക് മരിക്കാൻ കഴിയൂല അള്ളാഹുവിന്റെ ഉത്തരവ് വരാതെ ഒരാൾക്ക് മരിക്കാൻ പറ്റൂല അതവധി നിർണയിക്കപ്പെട്ട ഒരു നിശ്ചയമാണ് അത് കൃത്യം സമയം നിർണയിച്ചു വെച്ചൊരു നിശ്ചയം ആ സമയം നടത്താതെ മരിക്കൂലാണ് ഞമ്മളെന്താ സഹോദരങ്ങൾ ചെയ്യേണ്ടത് ചെറിയൊരു വേദന വരുമ്പോഴേക്കിനും പതിനയ്യായിരത്തിനും ഇരുപത്തി അയ്യായിരത്തിനും ചികിത്സ അടത്തിയിട്ട് മരിക്കോ മരിക്കൂലോ എന്ന് ഉറപ്പാക്കുന്നതിനേക്കാളും ബുദ്ധി എന്തായാലും ചികിത്സിക്കേണ്ടെന്നോ സഹോദരൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു അതൊന്നും നമ്മൾ ഇല്ല നമ്മൾ ഏറ്റവും ചേർന്ന് ഒരുങ്ങിയ പറച്ചോണെ ഞാൻ ഒരുങ്ങിയില്ലല്ലോ ഞാൻ ഇപ്പോഴും നിസ്കാരം കറക്റ്റ് ആകിട്ടില്ലല്ലോ ശരിക്കണം കാണക്കൂട്ടി എത്ര സക്കാത്തിന് ഞാൻ കൊടുക്കാൻ ബാലൻസ് ഉണ്ട് എന്റെ കണ്ണുകളൊന്നും വേണ്ടത്ര നീ എന്റെ വീട്ടിന്റെ ഉള്ളിലൊന്നും ഒരു ഭക്തിപൂർവമായ ഒരു അന്തരീക്ഷം ഇതുവരെയും ഞാൻ കൊണ്ടുവന്നില്ലല്ലോ സഹോദരങ്ങളെ ഹദാ ആലോചിക്കേണ്ടത് മരണത്തിന്റെ കാര്യം പടച്ചു നോക്കിക്കൊള്ളുന്നു ആര് ഇഹ ലോകത്തിലെ പ്രതിഫലങ്ങളെ ആഗ്രഹിക്കുന്നുവോ അവന് ദുനിയാവിൽ ഞാൻ അതിനെ കൊടുക്കും പരലോകത്തെ പ്രതിഫലത്തെ ഈ നിശ്ചിത അവധിക്കു മുമ്പാരു അതിൽ നിന്ന് നാം അവന് കൊടുക്കും നന്ദി ചെയ്യുന്നവർക്ക് നാം പ്രതിഫലം നൽകും പടച്ചോൻ എന്തേ പറഞ്ഞു മരിക്കാൻ പടച്ചോന്റെ ഉത്തരവ് ആണ് ആ സമ്മതപത്രം കിട്ടാതെ ഒരാളും മരിക്കൂല പക്ഷെ അതിന്റെ മുന്നേ ദുനിയാവ് വേണ്ടവൻ ദുനിയാവ് ഉണ്ടാക്കും വേണ്ടവൻ പരലോകത്തുണ്ടാക്കും നന്ദിയുള്ളവർക്ക് അള്ളാഹു പ്രതിഫലം കൊടുക്കുന്ന അതുകൊണ്ട് സഹോദരങ്ങൾ ഒരു സെക്കൻഡ് നേരം എല്ലാവർക്കും ഒരു സമയമുണ്ട് ഒരു അവധിയുണ്ട് ആ അവധി എത്തിയാൽ ഒരു സെക്കൻഡ് പിന്തുല ഒരു സെക്കൻഡ് മുന്തിക്കൂല ആ കൃത്യസമയത്ത് നടക്കും അതുകൊണ്ട് സഹോദരങ്ങളെ മരിക്കുക എന്നുള്ളതിനൊരു നിശ്ചിത സമയമുണ്ട് ആ സമയത്തല്ലാതെ ഒരിക്കലും അത് സംഭവിക്കയില്ല അതുകൊണ്ട് അഥവാ ഒരു റിസൾട്ട് കിട്ടി തിരിച്ചും ചിന്തിക്കാം നമുക്ക് റിസൾട്ട് കിട്ടിയപ്പോ ഡോക്ടർ പറഞ്ഞു ക്യാൻസറാണ് ഞാൻ മനസ്സിലാക്കിയോടത്തോളം നിങ്ങൾ ഡോക്ടർമാരെ കണ്ട് അപ്രഹം ചോദിച്ചോക്ക് ഞാൻ മനസ്സിലാക്കിയോടത്തോളം എന്താണെന്ന് ചോദിച്ചാൽ ഇത് കുറച്ച് മേജർ ആയിട്ടുള്ള ക്യാൻസർ ആണ് ഇതിലധിക സമയം വല്ല ഓപ്പറേഷനോ ട്രീറ്റ്മെന്റോന്നും നടത്താൻ പറ്റാത്ത ഒരു കേസാണ് എന്ന് നമ്മുടെ മുഖത്ത് നോക്കി നേർക്കു നേരെ നമ്മോട് പറയണമെന്നാണ് അങ്ങനെ പറഞ്ഞാൽ സഹോദരങ്ങളെ ഉടനെ മനസ്സിൽ ഓർപ്പ് വരേണ്ടിവരും എനിക്കൊരു അവധി ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ആ അവധിയുടെ തുടക്കമായിരിക്കും ഒരു പ്രശ്നം ഉണ്ടാവൂല എനിക്കൊരു സമയമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ ഗർഭപാത്രത്തിൽ എഴുതിയൊരു സമയം ആ സമയത്തിന്റെ സൂചനകൾ ലഭിച്ചു തുടങ്ങി അതുകൊണ്ട് ഇനി ചികിത്സയുടെ ബേജാറൊക്കെ നമുക്ക് ആലോചിക്കാം പക്ഷേ ആ അവധിയാണെങ്കിൽ ആ അവധിക്കുമുമ്പ് ഞാൻ തീർക്കേണ്ട പല കാര്യവും തീർക്കണല്ലോന്ന് സഹോദരങ്ങളെ കൃത്യമായി മരണം മുന്നിൽ കാണാവുന്നൊരു രോഗം ഒരാൾക്ക് വന്നാൽ അയാൾ അറിയിക്കണോ അറിയിക്കണ്ടേ എന്ന് ചർച്ച വരാറുണ്ട് സോ അറിയിക്കണം എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ മതപരമായി ചിന്തിച്ചാലും വൈദ്യശാസ്ത്രപരമായി ചിന്തിച്ചാൽ അയാളെ തിരിച്ചു വിളിക്കാനുള്ള ഒരു അറിയിപ്പ് അള്ളാഹു അയാൾക്ക് നേരത്തെ കൊടുത്തെങ്കിൽ അത് നമ്മൾ മറച്ചു എത്ര വലിയ കുറ്റീകാരം അയാൾക്ക് മനസ്സ് തട്ടി പറയാനുള്ള സമയാണ് ആ സമയം അയാൾ മാറും ഒരു ചെറിയൊരു ഓപ്പറേഷനാണ് കൊണ്ട് മാറും പഴയ മാരിയാവും എന്നൊക്കെ പറഞ്ഞ് അവസാനം അയാൾ മരിക്കുമ്പോൾ അയാൾ ഞെട്ടൂലേ സഹോദരങ്ങളെ മറച്ചു വെക്കാൻ പറ്റുമോ തടുത്ത് നിർത്താൻ പറ്റുമോ തിരിച്ചുള്ള കാര്യങ്ങൾ മനസ്സാന്നിധ്യത്തോടെ ഡോക്ടറോട് ചോദിച്ചറിയും ഇതേ രണ്ട് നിലക്കും ഹൈറാണ് എന്ന് പറഞ്ഞാൽ മരിക്കുമെന്ന അനാവശ്യമായ പേടില്ലാതിരിക്കാനും മരിക്കുമെന്നുറപ്പാകുമ്പോൾ മനസ്സാന്നിധ്യത്തോടെ തരണം ചെയ്യാനും ഈ വിധിയെക്കുറിച്ചുള്ള വിവരം കൊണ്ട് മനുഷ്യന് പറ്റുന്നതാണ് രണ്ടാമത്തൊരു കാര്യം രണ്ടു കാര്യം പറയാനാ വെച്ചു രണ്ടാമത്തൊരു കാര്യം ഗർഭപാത്രത്തിൽ നിശ്ചയിച്ചത് എന്തായിരുന്നു റിസ്ക് നമ്മുടെ ഉപജീവനം സഹോദരങ്ങളെ ഹറാമും ഹലാലും നോക്കാതെ കണ്ടതൊക്കെ നമ്മളെ സ്വത്തുക്കും വീട്ടുക്കും കുട്ടികളെ ഭക്ഷണത്തിനും ചേർത്ത് ജീവിക്കണ്ട പടച്ചോൻ നമ്മളെ ഇവിടെ നിശ്ചയിച്ചപ്പോ തന്നെ നമുക്ക് ജീവിക്കാനുള്ള ഭക്ഷണം പടച്ചോൺ നിശ്ചയിച്ചിട്ടുണ്ട് അതെന്ന് ഒരു വച്ച് പോലും ഒരു ധാന്യമണി പോലും കഴിച്ച് പൂർത്തിയാക്കാതെ അവിടുന്ന് പോകൂല ഒറ്റലും പോവില്ല പടച്ചോൻ അത് കൃത്യമായും നമുക്ക് ഉറപ്പിച്ചു ലവ് ലവ്റമിൻ ഭക്ഷണത്തെക്കുറിച്ച് ബേജാഹറാകാണ് മനുഷ്യന്മാർ മനുഷ്യന്മാർക്ക് ബേജാറാണ് ഇന്റെ കുട്ടിയൊക്കെ ഭക്ഷണുണ്ടാവും പട്ടിണിയാ ഒപ്പ കുഴപ്പമില്ല അടുത്ത തലമുറ എന്താ ഒക്കെ അല്ല പറയണല്ല മരണത്തിനൊരു സമയം നിശ്ചയിച്ച് മരണം ആ സമയത്തല്ലേ വരുള്ളൂ എന്ന പോലെ ഓരോരുത്തർക്കും കഴിക്കാൻ നിശ്ചയിച്ച ഭക്ഷണം അവൻ കഴിച്ചേ പറ്റൂന്ന് അവധി പൂർത്തിയാക്കാതെ ഒരാളും മരിക്കില്ല അവൻ നിശ്ചയിച്ച ഭക്ഷണം പൂർത്തിയാക്കാതെ ഒരുത്തനും അതുകൊണ്ട് ഭക്ഷണോന്ന് പറഞ്ഞു ജീവിതമെന്ന് പറഞ്ഞു എല്ലാ ഹറാമും ഹലാലും നോക്കാതെ ഓടാൻ നിക്കണ്ടുവിനെ സൂക്ഷിച്ചു കൊള്ളു ഭക്ഷണം തേടുമ്പളേ മാന്യൂ നല്ല നിലക്ക് അന്വേഷിച്ചാൽ മതി ഭക്ഷണം പിന്തുന്നത് കാണുമ്പോഴക്കിന് നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ ഒരു തെറ്റുകൊണ്ടെങ്കിലും സമ്പാദിക്കാൻ ഭക്ഷണത്തിന് ചെറിയ ഒരു ദാരിദ്ര്യത്തെ കുറിച്ച് പേടിങ്ങനെ തോന്നുമ്പോളക്കിന് ഹറാമു ചെയ്യാൻ ഒരുങ്ങാൻ ഇല്ലാവി അള്ളാന്റെ അടുക്കിലുള്ള കാര്യം കിട്ടണമെങ്കിൽ ഹറാമായ വഴിക്ക് കിട്ടൂല കിട്ടിയ മാരി നമുക്ക് തോന്നേ ചെയ്യൂ കിട്ടൂല പടച്ചോ നിശ്ചയിക്കാത്ത ഹറാമായ വഴിയിലൂടെ ഒരാളെ തേടിയാലേ വരുന്ന മാതിരി തോന്നും കിട്ടൂലെന്നാ പറഞ്ഞു അതോണ്ട് പടച്ചോ നിശ്ചയിച്ച ഹലാലായ വഴികളിലൂടെ മാത്രം പോവുക ഈ ഭൂമിയിൽ യാതൊരു ജീവിയും തന്നെയില്ല അതിനുള്ള ഭക്ഷണം അല്ലാഹുബാധ്യതയായി ഏറ്റെടുത്തിട്ടല്ലാതെ അവനറിയാം ആ ഭക്ഷണം കൊടുക്കേണ്ട ആ ജീവി എവിടെ താമസിക്കുന്നു എന്ന് പഠിച്ചോൻ അറിയുന്നത് അതെവിടെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്ന് അള്ളാഹ് അറിയുന്നത് അവിടെ എത്തിക്കും അവന്റെ ഭക്ഷണം അവിടെ എത്തിച്ചു കൊടുക്കുന്നാണ് അതുകൊണ്ട് യാതൊരു സംശയവുമാണ് ആകാശത്തുണ്ട് നിങ്ങൾക്കുള്ള ഭക്ഷണം നമുക്ക് കിട്ടും സഹോദരങ്ങളെ പിന്നെ ഉമ്മാബീബാർ അലി അള്ളാഹുൻഗാർ നബി കേൾക്കിയ ഒരു പ്രാർത്ഥന നടത്തിയെന്നാണ് ഇതുകൂടി കേട്ട പിന്നെ നമുക്ക് അതിലൊരു സംശയം ഉണ്ടാവില്ല വെറുതെ ബേജാറുണ്ടാവൂല എന്താ പ്രാർത്ഥിച്ചെ എന്റെ സഹോദരൻ മുഹബിയന്റെ ഒപ്പം എന്റെ വാപ്പ സുഫിയൂ സുഫിയാന്റെ ഒപ്പം എന്റെ ഭർത്താവ് റസൂല കൂടെ എനിക്ക് നല്ലൊരു സുഖ ജീവിതം തരണേ കുറെ കാലം തന്നെ ഇവരെ മൂന്നാളുവിന്റെ ഒപ്പം വേണം ഞാൻ ജീവിക്കണ കാലം സന്തോഷത്തോടെ എനിക്ക് ചോദി ജീവിക്കാൻ തന്നെ അതുപോലെ മരിക്കരുതേന്ന് എന്റെ ഒപ്പം വേണം എന്നാണ് പ്രസൂലത പറഞ്ഞു കൊടുക്കാണ് ലക്കത് മധുറൂബ അള്ള നിശ്ചയിച്ചയാണല്ലോ നീ ഇപ്പ അഭ്യർത്ഥന നടത്തിയത് അവരെത്ര കാലം ഭക്ഷണം ഇവിടെ കഴിക്കണം അതൊക്കെ പഠിച്ചോൺ തീരുമാനിച്ചതാണ് അതുകൊണ്ട് ഒരു കാര്യം അതിന് നിശ്ചയിച്ച സമയത്തിന്റെ മുന്നേ സംഭവിക്കൂല അതേപോലെ തന്നെ ഒരു കാര്യം അതിനു ശേഷത്തേക്ക് നീങ്ങൂല്ല അതുകൊണ്ട് വെറുതെ ഇതൊന്നും ചോദിച്ചയിൽ നിന്ന് രക്ഷ തരാൻ വേണ്ടി പഠിച്ചോട് ചോദിച്ചോ ചോദ്യം കൊണ്ട് കാര്യം ഉണ്ടാവും ശിക്ഷിക്കരുതേ പരലോകത്തിന്റെ ശിക്ഷിക്കരുതേ എന്ന് പഠിച്ചവനോട് ചോദിച്ചോന്നാണ് ഉമ്മ ഹബീബാ റലിഅള്ളവയോട് റസൂല്ല തിരുത്തി കൊടുത്ത് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ എന്തുള്ളു വെച്ചാൽ അവധി കൃത്യം അത് തിന്നിട്ടേ ഇവിടുന്ന് പോകുള്ളൂ അതിലൊരു ഉരുളയും ബാക്കിയാക്കി ഇവിടെനിന്ന് പോകയില്ല വെറുതെ ആലോചിക്കണ്ട പിന്നെ നമ്മളോട് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞ എന്തായാലും പണ്ഡിതന്മാര് ഒന്ന് അള്ളാഹു നമുക്ക് റിസ്ക് തരാനുള്ള മാറുകൾ ഒന്ന് തവക്കുൽ ഈ പറഞ്ഞ പോലെ പഠിച്ചൊൻക്ക് തരും പഠിച്ചൊന്നെ കഷ്ടപ്പെടുത്തൂല എന്റെ കുട്ടികളെ കഷ്ടപ്പെടുത്തൂല എന്ന് നിങ്ങൾ വിചാരിച്ചാലും ആ തവക്കുലിനായി അള്ളാഹു നിങ്ങൾക്ക് തരും കമാർ ഒരു പക്ഷിക്ക് ഭക്ഷണം കൊടുക്കണ പോലെ നിങ്ങൾക്കൊരാഗ്രഹവും പരിശ്രമവും ഉണ്ടെങ്കിൽ നിങ്ങളെ ഉപജീവനം അള്ളാഹു നടത്തിക്കൊള്ളുന്നാണ് പിന്നെ മറ്റൊരു മാർഗം ഇസ്തിക്കാമത്ത് നല്ലവരായി ജീവിക്ക സഹോദരങ്ങളെ നല്ലവരായി ജീവിച്ചാൽ അല്ല അല്ലവിസ്തക്കാമും അല്ല തുറിയൊക്കെ അസ്കൈനാവും അവർ നല്ലവര്ക്ക് ജീവിക്കുകയാണെങ്കിൽ അവർക്ക് സമൃദ്ധമായ മഴ ഞാൻ നൽകുമായിരുന്നു പിന്നെ പാപമോചനം തെറ്റിൽ അള്ളാഹുവിനോട് പാപമോചനം ചെയ്താൽ ജീവിതത്തെ അള്ളാഹു മെച്ചപ്പെടുത്തരും കുടുംബ ബന്ധങ്ങൾ ചേർത്താൽ അല്ലാഹു നമ്മുടെ ജീവിതത്തിന് ആയുള്ള ജീവിക്കുന്ന കാലം ായുസ് സ്വൈരത്തോടു കൂടെ ജീവിക്കാൻ അകുന്ന നമുക്ക് അവസരം തരും അതുകൊണ്ട് സഹോദരങ്ങളെ ഇവിടെ മരണത്തിലേക്ക് കരുതിക്കൂട്ടി പോകണമെന്നർത്ഥമില്ല റിസ്കുകൾ തേടാതെ വീട്ടിൽ മടിയനായിരിക്കണമെന്നൊന്നും ഈ വാക്കുകൾക്ക് അർത്ഥമില്ല സഹോദരങ്ങൾ ഇതിനെക്കുറിച്ച് ബേജാറായി ഹറാമുകൾ ചെയ്ത് വിശ്രമമില്ലാതെ ഉറങ്ങാതെ കടന്നു പാഞ്ഞ് ശ്വാസം വിടാതെ കഷ്ടപ്പെട്ടിട്ട് ഒരു കാര്യമല്ല അവരൊരു സമന് ജീവിതത്തിൽ ഒരു സംയമനം പാലിച്ച് അച്ചടക്കത്തോടെ മര്യാദയോടെ ഹറാമുകളും ഹലാലുകളും നോക്കി ജീവിക്കാം മരിക്കുമെന്ന് ബേജാറായി ആകെ പേടിച്ച് കാലിൽ തട്ടിയ എന്തോ ഒരു ചെറിയ മുള്ളു തറച്ചപ്പോൾ അത് വല്ല കടിച്ചോ എന്ന് ചിന്തിച്ച് ഹാർട്ട് ഹൃദയം പൊട്ടി മരിക്കേണ്ട ആവശ്യമെന്ത് സഹോദരങ്ങളെ സമയമാകുമ്പോൾ മരിക്കും സമയമായാൽ ഒട്ടും അതുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും വിശ്വാസകാര്യങ്ങൾ കൂടുതൽ അടുത്തെറിയും കൂടുതൽ സുരക്ഷയോടുകൂടെ സമാധാനത്തോടു കൂടെ ജീവിക്കാൻ അള്ളാഹു നമ്മ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവും അലഹമുല്ലാ ഹസീറൻ തൊയ്യൂം അള്ളാഹുസാല മുഹമ്മദ് മാലാലി മുഹമ്മദ് കമാല്ല ഇബ്രാഹിം മാലാലി ഇബ്രഹീം സഹോദരങ്ങളെ ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഞാൻ ഉറപ്പും നമ്മുടെ ജീവിത സന്ദർഭങ്ങളിൽ നമുക്ക് കാഴ്ചപ്പാട് നൽകുന്ന ഒരു ഹദീഫ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ് ഇബിൻ അബ്ബാസ് റദി അള്ളഹാന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ് അന്ന റസൂൽ ഒരു മനുഷ്യന്റെ കൈയില് ഒരു സ്വർണത്തിന്റെ മോതിരം നബിസ്മ കണ്ടു ഒരാളെ കൈയ്യിൽ നബിസ്മ ഒരു സ്വർണ്ണ മോതിരം കണ്ടു ഫ നസാഹുഹു നബി അത് അയാളെ വരലമെന്ന് ഇങ്ങോട്ട് ഊരിയിട്ട് അവിടെ വലിച്ചെറിഞ്ഞു പുറത്തേക്ക് അങ്ങോട്ട് വലിച്ചെറിഞ്ഞു നബി പറഞ്ഞു കയ്യമ്മ ഒരു തീക്കട്ട വെക്കാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അവൻ അതെടുത്തിട്ടോട്ടെ കയ്യമ്മ ഒരു തീക്കട്ട വെക്കാൻ ആഗ്രഹമുള്ളവൻ സ്വർണ മോതിരം ധരിച്ചു കൊള്ളട്ടെ എന്നാണ് എന്നിട്ട് അങ്ങനെ നബിസ്ലാസു വല ചെറിഞ്ഞു നബിയോട് പോയി പോയി കഴിഞ്ഞപ്പോൾ ആൾക്കാർ ഇയാളോട് പറഞ്ഞു റസൂല് പോയി കഴിഞ്ഞപ്പോൾ ആളുകൾ മനുഷ്യനോട് പറഞ്ഞു ആ മോതിരം പോയി എടുത്തോടുന്നോ എന്ന് പറഞ്ഞു എന്നിട്ടോ ഇന്തഫിഹി കയ്യുമടാന്നുള്ളൂ വിലപിടിപ്പുള്ള സാധനമല്ല അതുകൊണ്ട് വേറെ എന്തെങ്കിലും പ്രയോജനങ്ങൾ നീ എടുത്തുകൊള്ളൂ എന്ന ആളുകൾ അയാൾ ഉപദേശിച്ചു മോതിരം വെറുതെ കാലയണ്ടെടുത്തോടുന്നാണ്ട് വല്ല കാര്യത്തിന് ഉപയോഗിച്ചു എന്ന് പറഞ്ഞു കാലം പറഞ്ഞൂല ഞാൻ എടുക്കൂലി അള്ളാഹു ആണെ സത്യം ഒരിക്കലും ഞാൻ ആ മോതിരം എടുക്കില്ല കാരണം അത് അള്ളാന്റെ റസൂൽ എടുത്തെറിഞ്ഞതല്ലേ അത് ഞാൻ ഒരിക്കലും എടുത്തുകൊണ്ടുവരില്ലെന്ന് അയാൾ പറഞ്ഞു സഹോദരങ്ങളിൽ ധാരാളം കാര്യങ്ങളുണ്ട് സ്വർണ്ണമോദരം ധരിക്കാൻ പറ്റൂലാന്ന് നമുക്ക് മനസ്സിലായി ആരത്തിലും കണ്ടാൽ ഞമ്മളത് വിലക്കണം എന്നൊക്കെ നമുക്ക് മനസ്സിലായി അതിലുപരി ഈ ഹതിയത്ത് പറയാനുള്ള കാരണം സഹോദരങ്ങളെ ഓരോ സന്ദർഭങ്ങളിലും ഗൗരവപൂർവ്വമായിട്ടുള്ള ഇടപെടൽ അത് തെറ്റുകളിൽ നിന്ന് മാറാൻ സാധിക്കും നമ്മൾ ഇടപെടേണ്ടത് ഏറ്റവും നമ്മുടെ മക്കളിലാണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ ഇസ്ലാമിന് നിരക്കാത്ത എന്ത് നമ്മുടെ മക്കളിലും ഭാര്യമാരിലും കണ്ടാലും നമ്മളത് എട്ടപ്പെടണം നമ്മൾ ഇടപെടാത്തത് അതിലത്ര ഗൌരവപരമായ അപാകതയില്ലെന്ന് നമ്മുടെ ബന്ധുക്കൾ ധരിച്ചിരിക്കുകയാണ് അപ്പൊ നമ്മുടെ മോൾ നല്ലൊരു ഇസ്ലാമിക വസ്ത്രം ധരിക്കാതെ പുറത്തു പോകുമ്പോൾ അവള് വിചാരിക്കണം അപ്പൊ കാണുന്നുണ്ടല്ലോ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ആ പ്രതീക്ഷയ്ക്കനുസരിച്ചൊരു പ്രതികരണം അവിടെ വേണം അത് വളരെ പ്രധാനമാണ് സഹോദരങ്ങൾ നമ്മളൊക്കെ നിക്കാഹ് ചെയ്യുന്ന സമയത്ത് ആൾക്കാരെ കഴിയുമ്പോൾ അത്ര മോതിരങ്ങളുണ്ടോ അപ്പൊ അത് ഊരിയിട്ടേ നിക്കാഹിന് ഇരിക്കാറുള്ളൂ അപ്പത് ആ സമയത്ത് ഊരുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും പക്ഷേ ആ സമയത്ത് നമ്മളത് ഉരിലെങ്കിൽ എന്താ ഉണ്ടാക്കുക അയാളത് കണ്ടല്ലോ അയാളൊരു ആലിമാണല്ലോ അയാളൊന്നും പറഞ്ഞില്ലല്ലോ സമ്മത സഹോദരങ്ങൾ ജീവിതകാലം മുഴുവൻ ധരിക്കാൻ സമ്മതം അയാൾക്ക് കുറ്റം കിട്ടുന്നതല്ല ഞമ്മക്കെന്തിനാ കുറ്റം യാതൊരു ലാഭമില്ലാത്തൊരു സംഗതിക്ക് പോയിട്ട് ഞമ്മക്ക് എന്തിനാ കുറ്റം ആലോചിച്ചോക്കും നിങ്ങള് അപ്പൊ ആലോചിക്കേണ്ട ഒരു വിഷയാണ് ഇടപെട്ടോ സഹോദരങ്ങളെ ഇടപെട്ടോ പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് വൈകുന്നേരം ഒരു മീറ്റിംഗ് നമ്മൾ ഈ മദ്രസ് സംബന്ധമായിട്ട് വിളിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാനത് മനസ്സിൽ കണ്ടത് എന്താണെന്ന് വിചാരിച്ചാൽ സഹോദരങ്ങളെ ഈ ഒരു എല്ലാ കാര്യങ്ങളും വളരെ ചിട്ടയോടുകൂടി ശാസ്ത്രീയമായും നടത്താൻ തീരുമാനിച്ചു ഈ കാലത്ത് എല്ലാ സ്കൂളുകളൊക്കെ ആയി ഇന്റർനാഷണൽ സ്കൂളുകളാണ് നമ്മുടെ നഗരങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ അൻപതിനായിരം രൂപയൊക്കെ വർഷത്തിൽ ഫീസ് കൊടുത്ത് പഠിപ്പിക്കാൻ ഞമ്മൾ തീരുമാനിച്ചു സുഹൃത്തുക്കളിൽ നമ്മുടെ കുട്ടികൾക്ക് ഈ മതപഠനം ഒന്ന് ശാസ്ത്രീയമായും വ്യവസ്ഥാപിതമായും നൽകാൻ പറ്റുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം ഈ സമൂഹത്തിൽ ഒരു പുതിയ മാതൃക സൃഷ്ടിക്കേണ്ട അത് നമ്മുടെ നാട്ടിൽ തന്നെ ആയിക്കോട്ടെ നമ്മുടെ പെരിന്തൽമണ്ണ തന്നെ ആയിക്കോട്ടെ ആളുകൾ നല്ലോണം നിങ്ങളുടെ നല്ലോ ചിന്തിച്ച് പല തരത്തിലുള്ള കഴിവുള്ള ആളുകളുണ്ട് സാമ്പത്തിക ശേഷിയുള്ള ആളുകളുണ്ട് ബുദ്ധി ആളുകളുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് കാഴ്ചപ്പാടുള്ള ആളുകളുണ്ട് നമ്മൾ അടുത്തൊരു ജൂൺ ആകുമ്പോഴേക്കും നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും വ്യവസ്ഥാപിതമായി ഏഴ് മണിക്ക് തുടങ്ങുന്ന സ്കൂള് പത്ത് മണിക്ക് തുടങ്ങുന്ന സ്കൂള് പഠിക്കാൻ നേരമില്ലാത്തത്ര സിലബസുകൾ നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെ നമുക്കൊരു പ്രായോഗികമായി ഇസ്ലാമിക വിദ്യാഭ്യാസം നൽകാൻ പറ്റും എന്നൊരു ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട് അങ്ങനെ കണിശമായൊരു ഇടപെടൽ നമ്മൾ നടത്തിയില്ലെങ്കിൽ സഹോദരങ്ങളെ അത് അത്ര ആവശ്യമുള്ളൊരു കാര്യമല്ലെന്ന് ജനങ്ങൾ ധരിച്ചു പോയാലോ ഏതായിരുന്നാലും കുറച്ച് കുട്ടികൾ ഇതിന്റെ പരിസരത്തൊക്കെ പഠിക്കുന്നുണ്ട് അവർ രക്ഷിതാക്കന്മാരാണ് നമ്മളിന്ന് വിളിച്ചത് അതുമാത്രമല്ല ഇനി നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളും ഒരു വ്യവസ്ഥാപിതമായ ഒരു ഇസ്ലാമിക വിദ്യാഭ്യാസ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ ഇന്ന് വൈകുന്നേരം നമ്മൾ വിളിച്ചൊരു മീറ്റിംഗ് ഉണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വതന്ത്രമായി എന്തും ചെയ്യാൻ ഒരു പാരമ്പര്യത്തെയും പ്രവിതാക്കളെയും അവലംബിക്കാതെ സ്വതന്ത്രമായി നാം ഉൻ്റെ സത്യം ചെയ്യാൻ പറ്റുന്ന ഒരു പള്ളി നിലക്കാൻ നമ്മൾ ഈ പള്ളിനെ കാണുന്നത് അവിടെ സഹോദരങ്ങളെ ഇസ്ലാമിന് വേണ്ടിയുള്ള നിങ്ങളുടെ ഏത് നല്ല ആലോചനകളെയും നമ്മൾ സ്വാഗതം ചെയ്യാൻ അത് നിങ്ങളുടെ പങ്കാളിത്തത്തെ നമ്മൾ സ്വാഗതം ചെയ്യാൻ ദീന്റെ രംഗത്തും ആത്മാർത്ഥമായി നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാനും ആത്മാർത്ഥമായ ചിന്തകളും ആലോചനകളിലൂടെ ഈ സമൂഹത്തെയും പുതിയ തലമുറയെയും മാറ്റിയെടുക്കാനുമുള്ള ഇസ്ലാമിക പ്രവർത്തനങ്ങളെ അല്ലാതെ നമുക്ക് വിജയിപ്പിച്ച് തെരുമാറാവട്ടെ അള്ളാഹു ഞങ്ങളിന്ന് വന്നുപോയ തെറ്റുകളെ ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കിത്തരണം രോഗങ്ങളും വിഷമങ്ങളും അനുഭവിക്കുന്ന ഞങ്ങളുടെ ബന്ധുക്കൾക്കും സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും മാതാപിതാക്കൾക്കും നീ രോഗ ശമനത്തെ പ്രദാനം ചെയ്യണമേ രക്ഷിതാവി തീഷ്ണമായ പ്രതിസന്ധികളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേനാഥ അള്ളാഹു വിശ്വാസിയായി നിന്റെ കണ്ടുമുട്ടുവാനുള്ള സൌഭാഗ്യം ഞങ്ങൾക്ക് തരണം മേനാഥ മരണത്തിന്റെ പ്രതിസന്ധികളിൽ നിന്ന് ഖബറിലെ പ്രയാസങ്ങളിൽ നിന്ന് പരലോകത്തെ പ്രതിസന്ധികളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേനാഥ സത്യമായി പുലർന്ന നിന്റെ വിശാലമായ സ്വർഗത്തിലെ അംഗങ്ങളാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ റക്ഷിതാവേ അല്ലാഹുമ്മ ഹഫ്ൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബനാ സരിഫനാ ആദാബ ജഹന്നം ഇന്ന ആദാബഹാ കാന ഹറാമ ഇന്നഹാ സആത്ത മുസ്തഖർറമ മുഖാമ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വത്വബലൈനാ ഇന്നക അൻതത്വവാബുർ റഹീം റബ്ബനാ ആതിനാ ഫി ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ ആദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും